तत्र भगवदर्था बो बोधपरदम् स्वाध्याया अध्येन विदे सोत्रे तदा दोतम जिज्ञासा इतिनेनय प्रवर्ततत्व धर्मग्रहणसि वेदार्थव्लक्षणतेन अधर्मव वे ब्रह्मणो वे के व्लक्षणत्वाच इन्दवी धर्ममीमांसा वत् विरम वेदार्थमीमांसाया ൂർവോക്ഷത്ര ഫലോദർത്ഥ അവിടെ യജ്ഞീതം ചേർക്കുന്ന താപിന്നൊന്നു എന്താണ് പറയുന്നത് വേദം അതിനെ സംബന്ധിച്ച് രണ്ട് മീമാംസ രണ്ട് വിചാരണ വിചാരമാണോന്നു ധർമ്മമീമാംസയും മറ്റൊന്ന് ബ്രഹ്മമീമാംസമീമാംസ എന്ന് വെച്ചാൽ ധർമ്മത്തെ കുറിച്ച് വിചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതാതോ ധർമ്മ ജിജ്ഞാസോ ജൈമിനി സൂത്രം ഉണ്ടാക്കിയത് അതെന്താ പറയുന്നത് സ്വാധ്യായോ അധ്യേതവ്യ അവരവരുടെ ശാഖ അധ്യയനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മനവരുടെ വേദ അതാത് ഗോത്രം കൊണ്ട് വേദഭാഗങ്ങൾ അധ്യയനം ചെയ്തതിന് ശേഷം ധർമ്മ വിചാരം ചെയ്യുന്നു ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തോടൊപ്പം തന്നെ അധർമ്മത്തെയും വിചാരം ചെയ്യും ധർമ്മത്തെ വിചാരം ചെയ്യുന്നത് അനുഷ്ഠിക്കാൻ വേണ്ടി അധർമ്മത്തെ വിചാരം ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേദാർത്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദത്തിന്റെ അർത്ഥ വിചാരമാണ് അപ്പം ധർമ്മം വേദത്തിന്റെ അർത്ഥമാണ് വേദത്തിന് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അധർമ്മം വേദത്തിന്റെ അർത്ഥം അർത്ഥമാണ് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രഹ്മവും വേദത്തിന്റെ അർത്ഥമാണ് അതും വിചാരം ചെയ്യുന്നു അപ്പോൾ അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ധർമ്മശബ്ദം കൊണ്ട് ധർമ്മത്തെടുക്കാം അധർമ്മത്തെ എടുക്കാം ബ്രഹ്മത്തെ എടുക്കാം വേദാർത്ഥമായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഈ സൂത്രത്തിന്റെ ആവശ്യം അതായത് അധാതു ബ്രഹ്മജിജ്ഞാസ എന്റെ ആവശ്യമൊന്നുമില്ല അവിടെ തന്നെ ഇതെല്ലാം ചെയ്യാം എന്നാണ് കുറവക്ഷ പറയുന്നത് ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ിജ്ഞാസ എന്ന് പറയുന്നിടത്ത് വേദാർത്ഥമീമാംസയ അവിടെ വേദ അർത്ഥ വിചാരമാണ് അതുകൊണ്ട് ീമാംസ അതീ ബ്രഹ്മവിചാരവും ആക്ഷേപ ലഭ്യമാണെന്ന് വെച്ചാൽ അതും ലഭിക്കുന്നതാണോ മീമായാന്നായിരിക്കില്ല എന്നാണോ മീമാംസ കൊണ്ട് വേദാർത്ഥ മീമാംസയിലൂടെ ്രഹ്മ മീമാംസ അഭി ആക്ഷേപം ശക്യാ ശരിയാണ് കാരണം ബ്രഹ്മമീമാംസ എന്ന് പറഞ്ഞുകൊണ്ട് ശക്യെന്നും പറയാം ശക്യത എന്നും പറയാം രണ്ടായാലും പറയാം കാരണം വേദത്തിന്റെ അർത്ഥമാണ് അവിടെ വിചാരം ചെയ്ത് അപ്പൊ അത് ധർമ്മം വരും അധർമ്മം വരും ബ്രഹ്മം വരും അതുകൊണ്ട് ഈ പുതിയ സൂത്രത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് അതിന് സമാനം അടുത്ത് പറയുന്നത് തഥാപി അപ്പൊ ഇത്രയും പൂർവക്ഷമീമാംസയ എന്ന നി സംഗീത ശരിയെന്ന് പക്ഷെ ജയമിനി അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ് പറഞ്ഞെടുത്ത് ആ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞെടുത്ത് ധർമ്മത്തെ കുറിച്ച് വിചാരം ചെയ്തു അധർമ്മത്തെ കുറിച്ചും വിചാരം ചെയ്തു പക്ഷെ ബ്രഹ്മത്തെ കുറിച്ചവിടെ വിചാരം ചെയ്തില്ലല്ലോ കഴിയുമായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് വേദാർത്ഥമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള വിചാരം അവിടെ ചെയ്തിട്ട ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മം അതിനെന്താണ് പ്രമാണം ബ്രഹ്മവിചാരം അതിന്റെ സ്വരൂപം എന്താണ് ബ്രഹ്മവിചാരം അതിന്റെ ഫലം എന്താണ് ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്തിട്ടില്ല ചെയ്യാമായിരുന്നു ചെയ്തില്ല അതുകൊണ്ടെന്താ അതുകൊണ്ട് ഇതിന്റെ ആവശ്യമുണ്ട് എന്താണ് അതാതോ ബ്രഹ്മജിജ്ഞാസ ഇതിന്റെ ആവശ്യമുണ്ട് അത് ചെയ്യാമായിരുന്നു ചെയ്തില്ല അതുകൊണ്ട് ഇതാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പൂർവക്ഷി ചോദിക്കുന്ന ഇതാണ് ഈ അതാതോ ബ്രഹ്മ എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടിയുടെ ആവശ്യമുണ്ടോ പഴയ ധർമ്മ പോലെ അതിൽ തന്നെ എല്ലാം മരത്തില്ലേ പോരാ അവിടെ വിചാരം ചെയ്യാത്തതുകൊണ്ട് പ്രത്യേകം ആവശ്യമാണ് തഥാപി നമ്മൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് അവിടെ തന്നെ ബ്രഹ്മവിചാരം ചെയ്യാമായിരുന്നു പക്ഷേ പ്രാചീയ മീമാംസയാണ് പ്രാചീ മീമാംസ എന്ന് പറയുന്നത് പൂർവമീമാംസ ഇന്നത്തെ വിത്പാദ്യതാ അത് വിചാരം ചെയ്തില്ല ഉത്പാദനം ചെയ്യാന്ന് വെച്ചാ ഏതും സ്വരൂപം ഫലം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യുക അങ്ങനെ ബ്രഹ്മ അവിടെ ചെയ്തില്ല ഇനി വേറെയും പ്രശ്നങ്ങളുണ്ട് നാവി ബ്രഹ്മമീമാംസായ അധ്യയന മാത്രാനന്തരയും ബ്രഹ്മമീമാംസ എന്ന് പറയുന്നത് കേവലം അധ്യയനത്തിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമല്ല അധ്യയനം മാത്രം എന്ന് പറഞ്ഞാൽ അധ്യയനം ആവശ്യമാണ് ബ്രഹ്മമീമാംസയ്ക്കും അത്യാവശ്യം വേണ്ട ഒന്നാണ് എന്ത് അധ്യയനം അപ്പൊ ബ്രഹ്മവിചാരം വേദ അധ്യയനത്തിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് തർക്കമുള്ള കാര്യമുണ്ട അതുകൊണ്ടാണ് ബ്രഹ്മവിചാരം ജൂദ്രന്മാർക്ക് പാടില്ല എന്തുകൊണ്ട് സഹോദരന്മാർക്ക് വേദാധ്യനമില്ല അപ്പൊ ബ്രഹ്മമീമാംസയും വേദാധ്യയനത്തിന് ശേഷം തന്നെയാണ് പക്ഷെ അത് മാത്രം പറഞ്ഞെന്ത് വേണം സാധന ചതുർഷ സമ്പത്തി ഇവിടെ വേണം അതുകൊണ്ട് ഇവിടെ ഉത്തരമീമാംസയുടെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതാതോ ബ്രഹ്മജിജ്ഞാസ ഇവിടെ ബ്രഹ്മവിചാരം ചെയ്യണം കാരണം ഇവിടെ രണ്ടുമുണ്ട് ഒന്ന് വേദാധ്യയനം പിന്നെ സാധന ചതുഷ്ടയ സമ്പർക്ക ഈ പറയുന്ന ബ്രഹ്മം ഇതിന്റെ വിചാരം അതിലൂടെയുള്ള മോക്ഷം ഈ കാര്യങ്ങളെല്ലാം പഴയകാലത്ത് പണ്ടത്തെ ആ വ്യവസ്ഥയനുസരിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിലെല്ലാം ചെയ്തിരുന്നു ാണ് ശൂദ്രന്മാരും ഒക്കെ കേറി ബ്രഹ്മവിചാരം ചെയ്യുന്ന ചാടിക്കേറി ചെയ്യുന്നാണ് അത് ചെയ്യാൻ ഉള്ള അധികാരം ഇല്ല ഈ ശാസ്ത്രം പറയുന്ന അനുസരിച്ച് മനസ്സിലാവേ നിങ്ങളെ പഠിപ്പിക്കോ ഇങ്ങനെയൊക്കെ ശൂദ്രന്മാർക്ക് ബ്രഹ്മവിചാരം ചെയ്യാൻ അധികാരം ഇണ്ടെന്ന് പറയും അതാണ് പൗരോഹിത്യ കാപട്ടി അവർ ഒരിക്കലും സത്യം പറയത്തില്ല കാലം മാറുന്നതിനനുസരിച്ച് കള്ളത്തിന്റെ ഡിഗ്രി കൂട്ടി കൂട്ടി കൂട്ടി വരില്ല ഒരിക്കലും ഒരു സത്യം പറയില്ല പഴയകാലത്ത് പറഞ്ഞ കള്ളങ്ങൾ എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അതുകൊണ്ട് പിടിച്ചു നീക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നെന്തെയും പുതിയ കള്ളങ്ങളുണ്ടാക്കുക അവർ പറയും ശൂദ്രനും വേദം അത്വേദം ചെയ്യാം ശൂദ്രനും ബ്രഹ്മവിചാരം ചെയ്യാം പണ്ട് നിങ്ങള് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞെന്ന് വെച്ചാ എന്ത് പറയും അവരവരെയും പണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ലെന്നു പറയും ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഇതാണ് പൌരോഹിത്യ കുതന്ത്രം ഈ ലോകത്ത് രണ്ട് കുതന്ത്രങ്ങളാണുള്ളത് രണ്ട് ഏറ്റവും പ്രസിദ്ധമായ രണ്ട് കുത്തന്ത്രങ്ങളാണ് ഒന്നെന്താണോ ഒന്ന് പൗരോഹിത്യ കുതന്ത്രം മറ്റൊന്നെന്താണ് രാഷ്ട്രീയ കുതന്ത്രം അതില് പൌരോഹിത്യ കുതന്ത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ കുതന്ത്രത്തെയും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ീമാംസ എന്ന് പറയുന്നത് അധ്യയന മാത്രം ആനന്ദര്യം കേവലം വേദാധ്യനത്തിന് ശേഷം വേദാധ്യന മാത്രം അതിനുശേഷം കേവലം വേദാധ്യയനത്തിന് ശേഷം എന്നുള്ളതല്ല ഇതി ബ്രഹ്മമീമാംസാരംഭായ അതുകൊണ്ട് ഇവിടെ ബ്രഹ്മവിചാരം ചെയ്യുന്നതിന് നിത്യാനിത്യവിവേകാദ്യ ആനന്ദര്യം പ്രദർശനായ ഉണ്ട് ബ്രഹ്മവിചാരം ചെയ്യുന്നതിന് നിത്യാനിത്യ വസ്തുവിവേകം പോലെയുള്ളവയും വേണം അതിന് ശേഷമാണ് അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതം സൂത്രം അതിന് വേണ്ടിട്ടാണ് അതാതോ ബ്രഹ്മജിജ്ഞാസൂത്രം ആരംഭീയം എന്ന് വെച്ചാൽ ഈ സൂത്രം കൂടിയേ തീരൂ ി അപ്പൗനരുത്യം അതുകൊണ്ട് ഇവിടെ പുനരുക്തി ദോഷം പുനരുക്തി എന്ന് വെച്ചാൽ അതാദോ ധർമ്മജിജ്ഞാസ എന്നുപറയുന്ന ആ സൂത്രത്തിൽ വേദാർത്ഥ വിചാരം ചെയ്തപ്പോ ഇവിടെ ബ്രഹ്മവിചാരവും ചെയ്യാമല്ലോ അത് വീണ്ടും ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ് ഉത്തരമീമാംസ അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പുനരുക്തി ദോഷം വരുമല്ലോ മുമ്പ് പറഞ്ഞത് വീണ്ടും പറയുകയാണല്ലോ പറയുന്നു അങ്ങനെ ദോഷമൊന്നുമില്ല അവിടെ ചെയ്യാമായിരുന്നു ചെയ്തില്ല ജൈമിനിയത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എന്ത് ചെയ്തു ജൈമിനിയത് ചെയ്തില്ല ഒരു കാര്യം രണ്ടാമത് ബ്രഹ്മവിചാരം ചെയ്യുന്നത് സാധന ജ്യസമ്പത്തിക്ക് ശേഷം ആണ് കേവല വേദാധ്യനത്തിന് ശേഷം പൂർവമാംസയില് ധർമ്മവിചാരം ചെയ്തത് കേവല വേദ അധ്യനത്തിന് ശേഷമാണ് ഉത്തരമീമാംസയിൽ ബ്രഹ്മവിചാരം ചെയ്യുന്നത് വേദാധ്യനവും സാധന ചതുഷ്ഠയ സമ്പത്തി രണ്ടും ശേഷമാണ് ഇത് പ്രത്യേകം ധരിച്ചിരിക്കേണ്ട കാര്യമാണ് പല പൊട്ടം പ്രസംഗിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല മനസിലായ അങ്ങനെ ഒന്നാമത്തെ സൂത്രം തീർത്തു ഇങ്ങനല്ല ഒന്നാമത്തെ സൂത്രം ആണുകൊണ്ട് ഞാൻ അടുത്ത് വരുന്നത് രണ്ടാമത്തെ ൂത്രത്തിന്റെ ആമുഖമാണ് പറയു അന്റെ ആമുഖമായി ആദ്യം ചില കാര്യങ്ങൾ പറയുന്നത് ബ്രഹ്മപ്രസിദ്ധം അപ്രസിദ്ധം വാസ്യാ ്രഹ്മം പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ ബ്രഹ്മത്തെ നിങ്ങൾ അറിഞ്ഞോ അതറിഞ്ഞില്ലേ ചോദ്യം ആരോടാ ചോദിക്കുന്നത് ആരോടാ ചോദിക്കുന്നു ബ്രഹ്മത്തെ നിങ്ങൾ അറിഞ്ഞോ ലയോന്ന് ആരോടാ ചോദിക്കുന്നു വേദം അധ്യയനം ചെയ്തവനോട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈ നടക്കുന്ന മുഴുവൻ ചർച്ചയും ബ്രഹ്മസൂത്രത്തിൽ ആദ്യം മുതലവസാനം വരെയുള്ള ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് വേദാധ്യയനം കഴിഞ്ഞവനെ സംബന്ധിച്ചാണ് അല്ലാതെ ശൂദ്രന്മാരെ സംബന്ധിച്ച് അല്ല അത് പ്രത്യേകം മനസിലാക്കുന്നു എന്നാലും ചോദ്യത്തിനൊക്കെ ഒരർത്ഥമുണ്ടോ ഇല്ലെങ്കിൽ ചോദ്യത്തിനൊന്നും ഒരർത്ഥമുണ്ട് വേദ അധ്യയനം ചെയ്തവരവനോട് ചോദിക്കണം എന്നുവെച്ച വേദം ഗുരുമുഖത്ത് നിന്ന് ചൊല്ലിപ്പടിച്ചു അവനോട് ചോദിക്കണം ബ്രഹ്മത്ത് നീ അറിഞ്ഞോ അതോ അറിഞ്ഞില്ലോ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം വേദം എന്ന് പറയുന്നത് അദ്ധ്യയനം ചെയ്യുമ്പോ തന്നെ നിരവധി സ്ഥലത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് തത്യജ്ഞാനന്ദ്രാനന്ദം ബ്രഹ്മ സർവംഖ്യതം ബ്രഹ്മ എത്രയോ സ്ഥലങ്ങളിൽ ബ്രഹ്മത്തെ കുറിച്ച് പറയും അത് നിങ്ങള് ബ്രഹ്മം അറിഞ്ഞില്ലേ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ ആണ് ചോദിക്കുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞോ ഇല്ലയോ പ്രസിദ്ധം ജിജ്ഞാസിയോ നിങ്ങൾ അറിഞ്ഞെങ്കിൽ പിന്നെ ഇനി വിചാരം എന്തിനാ ചെയ്തു ചോദ്യം ശരിയല്ലേ വേദാധ്യയനം ചെയ്തപ്പോ അവിടെ നിരവധി ബ്രഹ്മം വരുന്നുണ്ട് അപ്പൊ നിങ്ങള് ബ്രഹ്മത്തെ അറിഞ്ഞു അറിഞ്ഞെങ്കിൽ പിന്നെ ഇനി അതാതോ ബ്രഹ്മ ജിജ്ഞാസന്തിനാ ബ്രഹ്മവിചാരം ചെയ്യുന്നു എന്റെ അത് അപ്രസിദ്ധനെ ഞങ്ങൾ എനിക്കറിയത്തില്ല എന്ന് പറയാൻ എനിക്ക് ബ്രഹ്മത്തെ കുറിച്ച് യാതൊരു അറിവുമുണ്ടാവും എന്നാണ് പറയണമെങ്കിൽ അത് അപ്രസിദ്ധം നെയ്വക്യം ജിജ്ഞാസിതം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മവിചാരം ചെയ്യാനേ കഴിയത്തില്ല എന്തുകൊണ്ട് ബ്രഹ്മെന്ന് പറയുന്ന ഒരു സാധനത്തെ അറിയില്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് വിചാരം ചെയ്യും അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചെയ്യാൻ പറ്റുമോ അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അവിടെ പോകാൻ എന്താ വഴി അവിടെ എങ്ങനെയായിരിക്കും അവിടുത്തെ ജീവ രീതി എങ്ങനെയാണ് മനുഷ്യർ എങ്ങനെയാണ് കാലാവസ്ഥ എങ്ങനെയാണ് അമേരിക്കയെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ചിന്തിക്കും അറിയാത്ത ഒരാളെങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോ വേദാധ്യനം ചെയ്ത ഓരോരുത്തരോടെ ഇത് ചോദിക്കാൻ പറ്റുമോ വേദാധ്യയനം ചെയ്തപ്പോ നിങ്ങള് ബ്രന്ഥത്തെ അറിഞ്ഞോ ഇല്ലയോ അറിഞ്ഞെങ്കിൽ അറിഞ്ഞെങ്കിൽ പിന്നെ വിചാരത്തിന്റെ ആവശ്യമല്ല അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ വിചാരം ചെയ്യാൻ പറ്റത്തില്ല അറിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് അങ്ങനെ വിചാരം ചെയ്യും പിന്നെ ഇവിടെ പറയുന്നു ബ്രഹ്മവിചാരം ചെയ്യേണ്ടതാണ് ഇതെങ്ങനെ ഈ പറയുന്ന എന്താ അർത്ഥവും ഇങ്ങനെ ചോദിക്കുമ്പോ അതാതോ പൂർവമീമാ അവിടെയും ഇതേ ചോദ്യം വരും അവിടെയും ചോദിക്കും നിങ്ങള് ധർമ്മത്തെ അറിഞ്ഞോ അവിടെ വേദാധ്യനം ചെയ്തവനാണല്ലോ നിങ്ങൾ ധർമ്മത്തെ അറിഞ്ഞോ അറിഞ്ഞെങ്കിൽ വിചാരം ചെയ്തോ അറിഞ്ഞല്ലേ എങ്ങനെ വിചാരം ചെയ്യും അപ്പൊ പൂർവമീമാംസയുടെ ചോട് പിടിച്ചാണ് ഉത്തരമീമാംസ അവിടെ വരുന്ന അതേ പ്രശ്നങ്ങളും അതുപോലെയുള്ള സമാധാനങ്ങളുമാണ് ഇവിടെയും വരുന്നത് ഒരേ ചുവടു പിടിച്ചാണ് പോകുന്നത് മുമ്പോട്ട് ചെല്ലുമ്പോഴും എല്ലാം അങ്ങനെയാണ് അതിന് സാധനം പറയാൻ ഉച്ച ഇത് ഇരുതലമൂരിയാണ് ഈ ചോദ്യം രണ്ടു തലയിലും പിടിച്ചാലും കടിക്കും മനസ്സിലായേ രണ്ടു തലയിലും വിഷമുണ്ട് അറിഞ്ഞോ അറിഞ്ഞെന്ന് പറഞ്ഞാൽ പ്രശ്നം അറിഞ്ഞില്ലേ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാലും പ്രശ്നം അങ്ങനത്തരം പറയും ഉച്ച പക്ഷേ അസ്ഥിത്വ ബ്രഹ്മ ബ്രഹ്മന്ന് പറയുന്നുണ്ട് ഒരു സംശയവുമില്ല എന്താണ് നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം ചങ്കരന്റെ സ്ഥിരം ഒരു പ്രയോഗമാണ് എന്താണ് ബ്രഹ്മന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധമാണത് മുക്തമാണ് നിത്യം എന്ന് പറഞ്ഞാൽ അതെന്റെ ആ സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും മാറ്റം സംഭവിക്കാത്ത നിത്യം പറയും സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും മാറ്റം വരാത്തൂട്ട് റിയാലിറ്റി എന്ന് പറയും ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു രീതിയിലും ഒരു കാലത്തും ഒരിക്കലും അതിന് മാറ്റം വരത്ത അങ്ങനെയൊന്നും ഉണ്ട് എന്നാണ് ആര് പറയുന്നത് അങ്ങനെ പറഞ്ഞ സഹിക്കാം പക്ഷെ ഒന്നുകൂടെ പറയുന്ന എന്താണ് അത് അത് ശുദ്ധമാണ് അത് യാതൊരു തരത്തിലുള്ള മാലിന്യവും പിന്നെന്താണ് ബുദ്ധമാണ് എന്നുവെച്ചാൽ അത് ബോധസ്വരൂപമാണ് ബുദ്ധം എന്ന് ബോധ അറിവിന്റെ സ്വരൂപമാണ് പിന്നെ പറയുന്നത് എന്താണ് മുക്തം എന്ന് വെച്ചാൽ ഈ സംസാരത്തിന് അതീതമാണ് ജനന മരണങ്ങൾക്ക് അതീതമാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിന് അതീതമാണ് അപ്പോ ഇത് ഇത്രയും ബ്രഹ്മത്തിന്റെ വിശേഷണങ്ങളാണ് അങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടി വെച്ചാൽ അതാണ് അതിന്റെ സ്വരൂപം മനസിലായോ അതാണ് അതിന്റെ സ്വരൂപം അപ്പൊ അത് നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് മുക്തമാണ് അങ്ങനെയുള്ള ഒന്ന് പിന്നെ അത് സർവജ്ഞം സർവവും അറിയുന്നവനാണ് അത് സർവശക്തി സമന്വീതം അതിന് എല്ലാ ശക്തികളും അതിനകത്തുണ്ട് അറിവിന് ശക്തി അനന്തയുന്നില്ല ശങ്കരായര് പറയും ബുദ്ധം ഗുരു പറയും അറിവ് രണ്ട് മൂന്ന് വ്യത്യാസമില്ല എന്നിട്ട് പറയുന്ന ശങ്കരായരുടെ അത്വതല്ല ഗുരുവാണ് പിന്നെ ഏതാ ശങ്കരായ സർവശക്തി സമന്വീതം സർവ്വശക്തികളോടും കൂടിയതാണ് ഗുരു പറയുന്നു റിവിനു ശക്തി അതായത് രണ്ടു രണ്ടാവുന്ന ഈ തിളങ്ങുന്നെന്താ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാക്കുന്നു അതെന്തുകൊണ്ട് പറയാൻ ധൈര്യം വരുന്നെന്ന് വെച്ചാ ഇതൊന്നും പഠിക്കുന്നില്ല കാര്യമായിട്ട് സമ്പ്രദായം എന്താ വെച്ചിരിക്കുന്ന പഠിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അത് വേറെ ഇത് വേറെ നിത്യെന്ന് പറഞ്ഞു അതിന്റെ ഗുരു പറഞ്ഞു ഏകം സത്യം പറയുന്നു നിത്യം പറഞ്ഞിരിക്കുന്നു മുക്തം എന്ന് പറഞ്ഞു ഇതെല്ലാം ശങ്കരായര് പറയുന്നു ശങ്കരായരുടെ ്രഹ്മെന്ന് പറയുന്ന ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സത്താണെന്ന് പറയുന്നുണ്ട് ചിത്താണെന്ന് പറയുന്നുണ്ട് ആനന്ദംന്ന് പറയുന്നുണ്ട് എല്ലാം പറയുന്നു ആരും പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ പറഞ്ഞത് എന്നെ കൂടെ വിവരദോഷിയാക്കി പണ്ടേ വിവരദോഷിയ എന്നിട്ട് എന്നെ കൂടെ വിവരദോഷിയാക്കി പറഞ്ഞിട്ടില്ല നമ്മുടെ തരെയും കൊണ്ടു വയ്ക്ക എന്നെ വിവരദോഷിയാക്കുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏ എന്നാ നോട്ടുന്നുണ്ട് നാളെ കൊണ്ടുവന്ന് കാണിക്കോട്ട് കൊണ്ടു വന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്ലാസ് ഇങ്ങള് കണ്ടുപിടിക്കുകയും വേണം ഞാൻ ഇവിടെ നടത്തി പരസ്യമായി രണ്ട് ചെവിയിലും പിടിച്ചിങ്ങനെ അതും തയ്യാറായിപ്പോണതിച്ച ശരി അതായത് സച്ചിദാനന്ദചാര്യര് ഭാഷ എഴുതിയ പത്തുപനിഷത്തുകളിലും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടത് വേറെ ആ അപ്പൊ പറയുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് ശങ്കരാ സത്യദാനന്ദം എന്ന് പറയുന്ന ഈ വാക്ക് ശങ്കരാചാര്യ ഭാഷ എഴുതിയ പത്തുപനിഷത്തിലും ഇല്ല ശങ്കരാചാര്യ എഴുതിയിട്ടില്ല പറഞ്ഞത് മനസ്സിലായോ പത്ത് ഉപനിഷത്തുകളിലും സച്ഛിദാനന്ദറയുന്ന ഒരു സമസ്ത പദം ഉപനിഷത്തിലില്ല അത് ശകണം പകുതി കേട്ടു വെച്ചുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ജ്ഞാനിയാവുന്നത് വിദ്വൻ അത് പറഞ്ഞു ശരിയാണ് ഭാഷയത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് സംക്രാ എന്ന് ചിത്തം സത്യം ഉപൻഷത്തിൽ തന്നെ എന്താണ് വിജ്ഞാനം ആനന്ദംബരം അത് പറയും സത്യം ജ്ഞാനം അനന്തബരം ഏതും പറയും പക്ഷെ സച്ചിത് ആനന്ദം ഒന്നും വേറെ ഉപൻഷത്തിൽ പറയുന്നു സ്മരണയ്ക്ക് എല്ലാരും കൂടെ ഒരു കയ്യോടി കൊടുത്തേ അംഗീകാരം കിട്ടി ഇതാണ് ശങ്കരാചാരുടെ മാസ്റ്റർ പീസ് എന്താണ് അസ്ഥിതാവത് ബ്രഹ്മനിത്യശുദ്ധ ബുദ്ധ മുക്തം സ്വഭാവ സർവജ്ഞം സർവജ്ഞം സർവശക്തിയോടുകൂടി <folklore beeping> <kilogram babies> അങ്ങനെയുള്ള ബ്രഹ്മം ഉണ്ട് എന്നാണ് പറയുന്നത് ബ്രഹ്മശബ്ദത്തിന്റെ വിത്പാദനം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിചാരം ചെയ്തു ്രഹ്മശ്ദാർത്ഥം വിചാരിച്ചാൽ നിത്യശുദ്ധയോ അപ്പോ നിത്യം ശുദ്ധം തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടും പ്രതി എന്ന് വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ എന്താണ് ബ്രഹ്മം നിത്യമാണെന്നും ശുദ്ധമാണെന്നും എന്തുകൊണ്ട് ബൃഹദേഹി ധാതോ അർത്ഥ അനുഗമമാണ് ബ്രിഹധാതുവിന്റെ അർത്ഥത്തിനനുസരിച്ച് ബ്രഹ്മി വൃദ്ധോ എന്ന് പറയുന്ന ഒരു ധാതു ആ ധാതുവിന്റെ അർത്ഥത്തോറി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ബ്രഹ്മ നിത്യമാണ് ശുദ്ധിയുമാണ് അതാണ് ആ ധാതുരർത്ഥ ആ ധാതുവിന്റെ അർത്ഥത്തിനനുസരിച്ച് സർവസ് ആത്മത്വ ബ്രഹ്മാസ്തിന്റെയും ആത്മത്വ സർവത്തിന്റെയും ആത്മാവാണെന്ന് പറഞ്ഞാൽ എന്താണ് സർവത്തിന്റെയും സ്വരൂപമാണ് ബ്രഹ്മെന്ന് പറയുന്നത് സർവത്തിന്റെയും സർവത് എന്ന് വെച്ചാൽ എന്റെയും എന്റെയും പുസ്തകത്തിന്റെയും മേശയുടെയും പേരെയും വൃക്ഷത്തിന്റെയും പക്ഷിയുടെയും മൃഗത്തിന്റെയും എല്ലാത്തിന്റെയും സ്വരൂപം എന്താണ് ബ്രഹ്മം അതുകൊണ്ട് ബ്രഹ്മ അസ്തിത്വം എന്ന് പറയുന്നത് അറിയപ്പെടുന്നതാണ് അതായത് രഹസ്യത്വം പ്രസിദ്ധമാണെന്ന് വെച്ചാൽ ബ്രഹ്മസ്തിത്വം എന്ന് പറയുന്നത് എല്ലാവരും അറിയുന്ന കാര്യമാണ് ഇതാണ് ഗുരു പറഞ്ഞ എന്താണോ അസ്ഥി അസ്ഥി എന്ന് ഗുരുവരെ നൽപ്പതെന്നേ അതിനാണ് ബ്രഹ്മ അസ്ഥിത്വ പ്രസിദ്ധി എന്ന് പറയുന്നത് എല്ലാം ബ്രഹ്മസൂത്രത്തിന്റെ ചവിടുപിടിച്ച് തന്നെ എഴുതിയിരിക്കുന്നു എന്തായാലും അസ്ഥി ഉണ്ട് ഉണ്ട് എന്നറിയുന്നുണ്ടല്ലോ ഇതെവിടെ അറിയുന്നു സർവോത്രം അറിയുന്നു അതുകൊണ്ട് ബ്രഹ്മം ത് എല്ലാവരും അറിയുന്ന കാര്യമാണ് നിങ്ങൾ ഉണ്മയെ അറിയുന്നോ അത് ബ്രഹ്മത്തെയാണ് അറിയുന്നത് ഇതാണ് ശങ്കരായരുടെ ചിത്ര ഉണ്മ അല്ലെങ്കിൽ അതിന് എക്സിസ്റ്റൻസ് എന്ന് പറയും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മത്തെയാണ് അറിയില്ല എന്നാണ് ശങ്കരായരുടെ ചിത്രം അതായത് അതാണ് ശങ്കരായ ബുദ്ധി സർവസമ്മതമായ അറിവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ വയ്യാത്ത കാര്യങ്ങളെ പറയുക ഇതാണ് ശങ്കരായ ബുദ്ധി ബ്രഹ്മത്തെ അറിയാമോന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും വേണ്ട നിങ്ങൾക്ക് ഉണ്മ്മ അസ്തിത്വം അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടെന്ന് വെച്ചാൽ എന്ത് പറയും ഉണ്ട് അത് തന്നെ ബ്രഹ്മം ഇപ്പൊ സർവ്വസാധാരണമായുള്ള ഒരു അനുഭവത്തെ ഇതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം ബ്രഹ്മവിദ്യയിൽ ബ്രഹ്മ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രഹ്മ അനുഭവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവം പിന്നെയോ എല്ല എല്ലാ മനുഷ്യന്റെ അറിവ് അനുഭവത്തെ ആണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ് അസ്തിത്വാനുഭവം അതിനെയാണ് അന്ധവേദികൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ അറിവെന്ന് പറയുന്നത് എന്താണോ ം സ്പഷ്ടമാണ് അതുകൊണ്ടാണ് ഗുരു പറയുന്നത് എന്താണോ അനുഭവശാലികളാം ഇതുവർക്കില്ല എല്ലാവരും അനുഭവമുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബ്രഹ്മാനുഭവമുള്ളവരാണ് അതിങ്ങനെ എല്ലാവരും ബ്രഹ്മാനുഭവമുള്ളവരാവും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാനും ഇല്ലെന്നാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെയാ ബ്രഹ്മാനുഭവമുള്ളവരാവുന്നു എല്ലാവരും ബ്രഹ്മ അനുഭവമുള്ളവരാകുന്നെങ്ങനെ അതായത് എല്ലാവരും അസ്തിത്വത്തെ അറിയുന്നു അവനവന്റെ അസ്തിത്വം അല്ല ഈ ലോകത്തിന്റെ തന്നെ അസ്തി ഈ അസ്തിത്വത്തെ അറിവാണ് ബ്രഹ്മത്തെ അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മജ്ഞാനികളാണ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് അനുഭവശാലികള ഇത് ഓർക്കൽ ആരും മനസിലാവേ അല്ലാതെ സർവരേയും ബ്രഹ്മജ്ഞാനികളെന്ന് ഇങ്ങനെ പറയാൻ പറ്റും ഇത് ഈ രീതിയിലാണെങ്കി എല്ലാവരും ബ്രഹ്മജ്ഞാനികളാണ് അസ്തിത്വ അനുഭവം എന്ന് പറയുന്നതാണ് ബ്രഹ്മജ്ഞാനമെങ്കിൽ സർവരും ബ്രഹ്മജ്ഞാനികളാണ് അത്രേ പറയുന്നുള്ളൂ അപ്പോ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമാധിയിലുണ്ടാകുന്ന അനുഭവം അല്ല സർവ്വ മനുഷ്യരും സദാ അനുഭവിച്ചു ബ്രഹ്മജ്ഞാനം എന്നാ പിന്നെ എല്ലാവരും ബ്രഹ്മജ്ഞാനികളാണെന്ന് ക്ലെയിം ചെയ്യുന്നില്ല എല്ലാവരും പറയും ഞങ്ങള് പ്രപഞ്ചത്തെ അറിയുന്നുണ്ട് ഞങ്ങൾക്ക് ഭൂമിയെ അറിയാം സൂര്യനെ അറിയാം ചന്ദ്രനെ അറിയാം എന്ന് പറയുന്നു അല്ലെ അനുഭവശാലികളാണ് എല്ലാവരും ഒന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് എന്നുണ്ട് എന്നാ പിന്നെ എല്ലാവരും പറയാത്ത ഞാൻ ബ്രഹ്മജ്ഞാനിയാണെന്ന് എന്താ പറയാത്തതിന് കാരണം ആ റെക്കഗ്നൈസ് ചെയ്യണു എങ്ങനെ ബ്രഹ്മ അസ്തിത്വത്തെ എല്ലാവരും അറിയുന്നു റെക്കഗ്നൈസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ മലയാളത്തിൽ പറയുന്നു അറിയുന്നുണ്ട് ഭാഷ മാറ്റി എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു അതിനറിയുന്നു പറഞ്ഞു കൊടുക്കുന്നു ഇത് ഇതിപ്പോ പുസ്തകമാണെന്നറിയാമോ ഇതീക്കുന്ന പുസ്തകമാണെന്നറിയാമോ അറിയാമോ അറിയാം പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു അല്ല അതുപോലെ അസ്തിത്വം എന്ന് പറയുന്നത് അറിയുന്നുണ്ടോ ഉമ്മ അറിയുന്നുണ്ട് ആ പിന്നെ അതിനെയാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മ അസ്തിത്വ പ്രസക്തി ഗുരുവും പറയുന്ന എന്താണ് അസ്ഥി അസ്ഥി എന്ന് ഗുരുവും പറയുന്ന എന്താണ് അനുഭവശാലികളാം ഇതോർക്കുകാര എല്ലാവരും അല്ലെ അങ്ങനെ ഓർക്കുന്നില്ലെന്നല്ല പറഞ്ഞു അത് മലയാളത്തിന് വിവരമില്ല അതായത് എല്ലാവർക്കും അസ്തിത്വ അനുഭവം ഉണ്ട് പക്ഷെ അത് ബ്രഹ്മജ്ഞാനമാണെന്ന് അറിയുന്നില്ല അവിടെയാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് ധാരം അവിടെയാണ് പ്രശ്നം അസ്തിത്വ അറിവ് എല്ലാവർക്കും ഉണ്ട് പുസ്തകത്തിന്റെ അറിവുണ്ട് മേശയുടെ അറിവുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും അസ്തിത്വ എല്ലാവരും അനുഭവമുള്ളവരാണ് പക്ഷെ അത് ഈ അസ്ഥിത്വം ബ്രഹ്മമാണ് എന്നറിയുന്നില്ല അവിടെ ശങ്കരാചാര്യ ഇത്രേ പറയുന്നുണ്ട് ഗുരു ഇത്രേ പറയുന്നുണ്ട് നിങ്ങൾക്ക് അസ്തിത്വജ്ഞാനമുണ്ടോ ഉണ്ട് അപ്പൊ ആ അസ്തിത്വജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നറിഞ്ഞു അസ്തിത്വത്തിന്റെ സ്ഥാനത്ത് എന്ത് ചേർത്താ മതി ബ്രഹ്മം ബ്രഹ്മൻ ഞാനൊന്നറിഞ്ഞു ചിന്തിക്ക എല്ലാരും അനുഭവശാലികളാണ് പക്ഷെ ആരും എന്താണ് ഇത് ബ്രഹ്മമാണ് എന്നറിയുന്നില്ല അത് ആണ് ചിന്തിച്ച് മനസിലാക്കേണ്ട അവിടെ ചിന്തിച്ച് മനസിലാവും അനുഭവം ഉണ്ട് എന്തിന്റെ അസ്തിത്വത്തിന്റെ ഈ അസ്തിത്വജ്ഞാനം ബ്രഹ്മജ്ഞാനമാണെന്നാരും ഓർക്കുന്നില്ല ചിന്തിക്കുന്നില്ല അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട് പക്ഷെ ഈ അനുഭവം ബ്രഹ്മജ്ഞാനമാണ് അപ്പോ അവിടെ ഓർക്കിൽ ഓർക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് തന്നെ ഇവിടെ എത്തിക്കും ബ്രഹ്മജ്ഞാനത്തിലെത്തിക്കും അസ്തിത്വജ്ഞാനം തന്നെയാണെന്തത് ബ്രഹ്മജ്ഞാനം മനസിലായോ ഉം എല്ലാരും ബ്രഹ്മജ്ഞാനികളാണ് എന്തെങ്കിലും സംശയമുണ്ടോ സംശയം എന്തെങ്കിലും ഉണ്ടോ പക്ഷെ ഇത് ബ്രഹ്മജ്ഞാനത്തിന്റെ തുടക്കമേ ആയുണ്ടോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ബ്രഹ്മജ്ഞാനത്തിന്റെ അതിന്റെ തുടക്കമേ ആവുന്നുണ്ട് തുടക്കത്തെ ഈ ബ്രഹ്മജ്ഞാനം തന്നെയാണ് പക്ഷെ അതിന്റെ തുടക്കം സമാധിയിൽ അനുഭവിക്കുന്ന ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാണ് അതാണ് സമാധിയിലെ ബ്രഹ്മജ്ഞാനം ഇവിടത്തെ ബ്രഹ്മജ്ഞാനം എന്താണ് അസ്ഥി എന്നുള്ളത് ഞാന് അത് രണ്ടു ഒന്നാണ് ആണോ ഇവിടെ ബ്രഹ്മജ്ഞാനത്തെ അറിയുന്നെങ്ങനെ ഉണ്ട് എന്നുള്ള ഞാനാണ് ഇവിടുത്തെ ബ്രഹ്മജ്ഞാനം സമാധിത ബ്രഹ്മജ്ഞാനം എന്താണ് ഞാൻ ബ്രഹ്മമാകുന്നു പറയുന്നത് ഞാൻ രണ്ടു ഒന്നാണ് ഉണ്ട് എന്ന് അറിയുന്നത് ഞാൻ ചോദ്യം രണ്ടു ഒന്നാണോ ആണോ രണ്ടും ഒന്നാണോ അല്ലയോ എന്തുകൊണ്ട് രണ്ടും ഒന്നായി ആദ്യ അത് നിർത്തു ഇവിടെ രണ്ടും ഒന്നല്ലെന്ന് പറഞ്ഞതുകൊണ്ട് അത് പറയട്ട് ഒന്നല്ല ഈ അസ്ഥി എന്ന് പറയുന്ന അസ്ഥി ബോധം അഹം എന്ന് പറയുന്ന ബോധത്തിന് ആശ്രയിച്ചാണ് അല്ല അഹമെന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനത്തെയാണ് നമ്മുടെ ഈ അഹ്ഞാനത്തെ കുറിച്ച അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനവും ഇവിടെ പറയുന്ന ഈ അസ്ഥി അസ്ഥി എന്ന് ഈ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് ബോധം അത് അറിയുന്നതല്ല അതും ബോധം അറിയുന്നതുമാണ് ബ്രഹ്മാസ്മി അതൊരറിവാണ് സാക്ഷിഭാവം മനസ്സിലാവുന്ന രീതി പറയി കാട് കയറാതെ സാക്ഷിഭാവം അതങ്ങനെ ഉണ്ടെന്ന് അറിയുന്നു മേശ ഉണ്ടെന്നറിയുന്നു പ്രസ്തവുണ്ടെന്നറിയുന്നു ഇവിടെ ദുർഖന്നു വെറുതെ കാടുകാര്യം ചിന്തിക്കുന്നു സിംപിളായ കാര്യം ഏഹ് രണ്ടും തമ്മിലെ വ്യത്യാസം ഒന്നാണ് ഏണ്ടെന്നറിയുന്നു ഒന്ന് വേറെടുത്ത് അഹംബി അം മാസിമിന്ന് പറയുന്നു രണ്ടും തമ്മിലെ വ്യത്യാസം ഹം ബ്രഹ്മസ്മി എന്ന് പറയുന്നു എന്തുകൊണ്ട് രണ്ടാവുന്നത് വ്യത്യാസം എന്തുകൊണ്ടാണ് ഏത് കൊഞ്ഞാണെന്നും പറയാം കൊറക്റ്റ് വിടെ ഉണ്മ എന്ന് പറയുന്നത് അറിവിന്റെ വിഷയമാകുന്നു അത് കറക്റ്റാണ് പിന്നെ അറിയാൻ എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായി പറയാൻ എന്താണോ അത് തന്നെ കുറിച്ചുള്ള അറിവ് സബ്ജക്റ്റീവായ നോളജ് എന്താണ് അഹം തന്നെ കുറിച്ചറിയണം ഇതെങ്ങനെയാണ് പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മയെ ഒരു വിഷയമായി അറിയുന്നു കൃത്യമായി മനസ്സിലാക്കണം പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മയെ ഒരു വിഷയമായി അറിയുന്നാണ് ഈ പറയുന്ന വെറുമി അസ്ഥി അസ്ഥി എന്നറിവിന്റെ വിഷയമായി അറിയുന്നു മറ്റിടത്ത് തന്നെ തന്നെ ബ്രഹ്മമായി അറിയുന്നു ഞാൻ ബ്രഹ്മം ആകുന്നു എന്നെ ഞാൻ ബ്രഹ്മമായി അറിയുന്നു ഇതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം ഇത് സർവപ്രപഞ്ചത്തിലും ഞാൻ എന്തു ചെയ്യുന്നു ഉണ്മയെ അറിയുന്നു എന്നിട്ട് ഞാൻ പറയണ ആ ഉണ്മ ബ്രഹ്മമാണ് അവിടെ എങ്ങനെയല്ല ഞാൻ എന്തുപറയുന്നു ഞാൻ ബ്രഹ്മമാണെന്നറിയുന്നു സ്വയം ആ ബ്രഹ്മ ഉണ്മയാകാ എന്തോ ആയങ്കോളട്ടെ അവിടെ ഞാൻ പറയുന്നതാണ് ഞാൻ ബ്രഹ്മു തന്നെ ബ്രഹ്മമായി അറിയുന്നു ഇവിടെ പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മയെ അറിഞ്ഞിട്ട് ഞാൻ പറയുന്നു ഈ ഉണ്മ ബ്രഹ്മമാണ് മനസിലായോ പ്രപഞ്ചത്തിൽ സർവത്ര ഞാൻ ഉണ്മയെ അസ്തിത്വത്തെ അറിഞ്ഞിട്ട് ഞാൻ പറയുകയാണ് അദ്വൈതി പറയാണ് ഈ ഉണ്മയാണ് ഈ ജ്ഞാനമാണ് ബ്രഹ്മം അവിടെ ഉണ്മ എന്ന് പറയുന്നത് എന്റെ അറിവിന്റെ വിഷയമായിരിക്കും മറ്റിടത്ത് അങ്ങനെയല്ല ഞാൻ എന്നെ തന്നെ അറിയാണ് ഇതിന് പറയുന്നത് ഞാൻ അവിടെ ബ്രഹ്മെന്ന് പറഞ്ഞാല് തന്നെ തന്നെയാണ് ഇതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം സിമ്പിളായ കഴിഞ്ഞു അതറിയില്ല എന്ന് പറയുന്നത് സമാധിയിലറിയുന്ന കാര്യം പറയാം അതെന്തോ അങ്ങനെന്തോ നഷ്ടം എന്താ സമാധിയിലെ ഞാനോന്നല്ലേ പറഞ്ഞത് സമാധിയിലെ ഞാനം തന്നെ ബ്രഹ്മമായി അറിയും ഇവിടെ അങ്ങനെയല്ല പ്രപഞ്ചത്തിൽ സർവത്ര ഉണ്മയെ അറിവിന്റെ വിഷയമായി അറിഞ്ഞിട്ട് പറയുന്നു ആ ഉണ്മ ബ്രഹ്മമാണ് ആ ഉണ്മയെ കുറിച്ചുള്ള ജ്ഞാനം ബ്രഹ്മജ്ഞാനമാണ് വ്യത്യാസം ഈ പറയുന്ന ഇതിനെയാണ് ഗുരു പറയുന്ന എന്ത് സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹിത് സർവവും ഏകമായി ഗ്രഹിക്കും ഇവിടെയൊക്കെ പറയുന്ന ഈ അസ്തിത്വജ്ഞാനത്തെ കുറിച്ചാണ് ഉലകവും ഉള്ളതുമായി തലർന്നു നിൽക്കും ഈ ഉള്ളതിനെ കുറിച്ചാണ് പറയുന്നത് അതിനെ അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ അനുഭവശാലികളാം ഇതോർക്കിൽ അത് ചിന്തിച്ചാൽ എല്ലാവരും അനുഭവശാലികളാണ് ഈ വസ്തുക്കളെ അറിയാൻ എന്തി എന്തുണന്ന് നിങ്ങളുടെ ആഭിമുഖ്യ ഡിഷണറിക ഉള്ള വാക്കുകൾ പറ സഹായം അതാണെങ്കിൽ അത് ഇന്ദ്രിയുടെ സഹായം വേണം ഇന്ദ്രിയ വേണം മനസ്സ് വേണം വിഷയങ്ങൾ വേണം എല്ലാം ശരിയാണ് അങ്ങനെ അറിയുന്നു ബ്രഹ്മത്തെ ആ ബ്രഹ്മജ്ഞാനം അതാണ് ഇതിന് ഗുരുവിധം നിരന്തരം ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ശങ്കരാചാരൻ പറയുന്ന എന്താണ് ബ്രഹ്മ അസ്തി ബ്രഹ്മ അസ്തിത്വത്തെ അറിയുന്നു സർവരും അപ്പൊ ബ്രഹ്മജ്ഞാനത്തെ ഈ രണ്ടു രീതിയിലും അന്ധവൈദികളും വിശദീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലായോ അപ്പോ ഇനിയിപ്പിന്തിക്കണേ ഇനി ഗുരു ശങ്കരാചാര്യരെ പഠിച്ചിട്ടാണ് ഗുരുവിനെ പഠിക്കേണ്ടത് അതെ ശങ്കരാചാര്യ ഗുരുവിനെ പഠിക്കാൻ ശങ്കരാചാര്യ പഠിക്കണ്ടേ എന്നുള്ളത് ശങ്കരാചാര് പഠിക്കുമ്പോഴേ മനസിലാവും ഗുരുവിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കാൻഡിനെയും ദക്കാർത്തെയും ഹെഗലിനെയും പഠിക്കാം പക്ഷെ ശങ്കരാകാരെ പഠിക്കണ്ടെന്ന് പറയുന്നിടത്താണ് കുഴപ്പം അവരെയൊക്കെ പഠിക്കാം ഗുരുവിനെ പക്ഷെ ശങ്കരായ പഠിക്കാൻ പാടില്ല ഇവിടെയാണ് അവരൊന്നും പഠിച്ച ഗുരുവിനെ ഒരിക്കലും മനസ്സിലാക്കാനേ പറ്റത്തില്ല ഈ പറയുന്ന ഈ പറയുന്ന കാൻ്റിനെയോ തക്കാലത്തെയോ എവനെയൊന്നും പഠിച്ചുകഴിഞ്ഞാൽ ഗുരുവിനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ ഇരുട്ടത്തിൽ തെപ്പത്തെയുള്ളൂ എന്തുകൊണ്ട് ഏഹ് അതൊന്നുമല്ല കൃത്യമായി അത്രയും പറയുന്നു ഗുരു ഇവരാരും പഠിച്ചിട്ടില്ല സിമ്പിളായാലും ഗുരുവരാരും പഠിച്ചിട്ടില്ല ഗുരുവിന്റെ ശിഷ്യന്മാര് ഗുരുവിനെ പഠിക്കാൻ വേണ്ടി ഇവരെയൊക്കെ പഠിക്കാൻ പോവുകയാണ് ഇതിൽ കൂടുതൽ വലിയ അവധം മേലെ എന്തെങ്കിലും ഉണ്ടേ ഗുരു പഠിച്ചത് ശങ്കരാചാര്യരെയാണ് ഗുരു പഠിച്ചത് എന്താണ് ഉപനിഷത്തും ഗീതയും ഭാഷ്യവും തമിഴ് ഗ്രന്ഥങ്ങളും ഒഴിവിലടുക്കും വാസിഷ്ടവും അത് ഗുരു പഠിച്ചത് ഗുരുവിനെ മനസ്സിലാകണമെങ്കിൽ ഗുരു പഠിച്ച പഠിക്കണം അല്ലാതെ ദക്കാടത്തെ പഠിച്ചെന്ന് പറഞ്ഞ് ഗുരുവിന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ വഴി തെറ്റി അവിടെ ഇവിടെ ഇറങ്ങിയാണെന്നിട്ട് ഗുരുവിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാ എങ്ങനെ ശെരിയാകും എവിടെയാ തെറ്റിപ്പോയത് അത് പറയാതിരുന്നാൽ ശരിയാവില്ല ശരി തൽക്കാലം ഇത്രയും മതി